ഞങ്ങളുടെ ജനതയെ അള്ളാഹു സുബാനഹു വറ്റകാലായുടെ വിളിക്കുത്തരം നൽകുക അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും